ം നാൽപ്പത്തി എട്ട് അനന്തരം യോസെഫിന് നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന വർത്തമാനം വന്നു ഉടനെ അവൻ മനശ യഫ്രൈം എന്ന രണ്ട് പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് ചെന്നു നിന്റെ മകൻ യോസെഫിത വരുന്നു എന്ന് യാക്കോബിനെ അറിയിച്ചു അപ്പോൾ ഇസ്രയേൽ തന്നെ ഉറപ്പിച്ച് ട്ടിലിന്മേൽ ഇരുന്നു യാക്കോബ് യോസഫിനോട് പറഞ്ഞത് സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ചു എന്നോട് ഞാൻ നിന്നെ സന്താന പെരുക്കി നിന്നെ ജനസമൂഹമാക്കുകയും നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വത അവകാശമായി കൊടുക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു മിസ്രൈമിൽ നിന്റെ അടുക്കൽ ഞാൻ വരും മുമ്പേ നിനക്ക് മിസ്രൈം ദേശത്തു വെച്ച് ജനിച്ച രണ്ട് പുത്രന്മാരായ മനശിയും യഫ്രൈമും എനിക്കുള്ളവർ ആയിരിക്കട്ടെ രൂപേനും ഷിമയോനും എന്ന പോലെ അവർ എനിക്കുള്ളവരായിരിക്കട്ടെ ഇവരുടെ ശേഷം നിനക്ക് ജനിക്കുന്ന സന്തതിയോ വരായിരിക്കട്ടെ അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിൽ പ്രകാരം വിളിക്കപ്പെടട്ടെ ഞാൻ പദ്ധനിൽ നിന്ന് വരുമ്പോൾ കനാൻ ദേശത്ത് യഫ്രാത്തിലെത്തുവാൻ അൽപം ദൂരം മാത്രമുള്ളപ്പോൾ വഴിയിൽ വെച്ച് റാഹേൽ മരിച്ചു ഞാൻ അവളെ അവിടെ ബേത്ലഹേം എന്ന യഫ്രാത്തിനുള്ള വഴിയേരികെ അടക്കം ചെയ്തു ഇസ്രയേൽ യോസെഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവർ ആരെന്ന് ചോദിച്ചു ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാരെന്ന് യോസെഫ് അപ്പനോട് പറഞ്ഞു അവരെ എന്റെ അടുക്കൽ കൊണ്ടുവരിക ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു എന്നാൽ ഇസ്രയേലിന്റെ കണ്ണ് വയസ്സുകൊണ്ടു മങ്ങി കാൺമാൻ വഹിയാതിരുന്നു അവരെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ അവൻ അവരെ ചുംബിച്ച് ആലിംഗനം ചെയ്തു ഇസ്രയേൽ യോസെഫിനോട് നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ നിന്റെ സ്വന്തതിയെയും കാണുമാൻ ദൈവമെനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു യോസെഫ് അവരെ അവന്റെ മുഴങ്കാലുകൾക്കിടയിൽ നിന്ന് മാറ്റി സാഷ്ടാംഗം നമസ്കരിച്ചു പിന്നെ യോസെഫ് യഫ്രൈമിനെ വലൻകൈകൊണ്ട് പിടിച്ച് ഇസ്രയേലിന്റെ ഇടംകൈക്കുനേരെയും മനശയെ ഇടം കൈകൊണ്ട് പിടിച്ച് ഇസ്രയേലിന്റെ വലങ്കൈക്കുനേരെയുമായി ഇങ്ങനെ രണ്ടുപേരെയും അവന്റെ അടുക്കൽ കൊണ്ടുചെന്നു ഇസ്രയേൽ വലങ്കൈ നീട്ടി ഇളയവനായ യഫൈമിന്റെ തലയിലും ഇടംകൈ മൂത്തവനായ മനശയുടെ തലയിലുമായി അങ്ങനെ തന്റെ കൈകളെ പിണച്ചുവെച്ചു പിന്നെ അവൻ യോസെഫിനെ അനുഗ്രഹിച്ചു എന്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും ഭജിച്ചുപോന്ന ദൈവം ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടിവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പേരും എന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസഹത്തിന്റെയും പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ അവർ ഭൂമിയിൽ കൂട്ടമായി വർധിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൻ വലം കൈ യഫ്രൈമിന്റെ തലയിൽ വെച്ചു എന്ന് യോസെഫ് കണ്ടപ്പോൾ അവന് അനിഷ്ടം തോന്നി അപ്പന്റെ കൈ യഫ്രൈമിന്റെ തലയിൽ നിന്ന് മനഷയുടെ തലയിൽ മാറ്റിവെപ്പാൻ പിടിച്ചു യോസെഫ് അപ്പനോട് അങ്ങനെയല്ല എന്റെ അപ്പ ഇവനല്ലോ ആദ്യജാതൻ ഇവന്റെ തലയിൽ വലം കൈവയ്ക്കണം എന്നു പറഞ്ഞു എന്നാൽ അവന്റെ അപ്പൻ സമ്മതിക്കാതെ എനിക്കറിയാം മകനെ എനിക്കറിയാം ഇവനും ഒരു വലിയ ജനമായിത്തീരും ഇവനും വർധിക്കും എങ്കിലും അനുജൻ അധികം വർദ്ധിക്കും അവന്റെ സന്തതി ജനസമൂഹമായിത്തീരും എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അന്ന് അവരെ അനുഗ്രഹിച്ചു ദൈവം നിന്നെ യഫ്രൈമിനെയും മനശയെയും പോലെ ആക്കുമാറാകട്ടെ എന്ന് ഇസ്രയേല് നിന്റെ പേർച്ചൊല്ലി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു യഫ്രൈമിനെ മനഷിക്കു മുമ്പാക്കി യോസെഫിനോട് ഇസ്രയേൽ പറഞ്ഞത് ഇതാ ഞാൻ മരിക്കുന്നു ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകും എന്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമൂര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലജരിവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു